മനസ് തോ യോഗ്യത വിഷയത്തിൽ ഉപയോഗിക്കുന്ന യോഗ്യതയെ പ്രാപിക്കുന്നു യോഗ്യതമ ആ മനസ്സിന്റെ യോഗ്യതയാണ് ദമഹ യഥാ ദാന്തോയം വിഷമയുവാണോ കാളയുവാണി പറയാ അത് മെരുങ്ങി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഹലശകടാദി വഹന യോഗ്യകൃത ഇവനെ ഇനി കാളവണ്ടിയിലും കലപ്പയിലും എല്ലാം കെട്ടാം അതിനുള്ള വന്നു എന്ന് മനസ്സിലുന്നു അതുപോലെ ആദിഗ്രഹിണീന വിഷയത്തിഷയങ്ങളെ സഹിക്കുക അതിൽ നിന്ന് ഉപരമിക്കുക പിന്നെ തത്വശ്രദ്ധ സംഗ്രഹിന് ഇതാണ് എന്താണ് മധുവിധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എപ്പോഴും ഒരു അഡ്വാൻസ് അങ്ങോട്ട് കൊടുക്കണം എന്നാലേ ഭാഗ്യ കച്ചവടം നടക്കും എന്നുവെച്ചാൽ അഡ്വാൻസ് ആണ് എന്താണ് അഡ്വാൻസ് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ഈ നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക അതാണ് തത്വശ്രദ്ധ അപ്പോ അങ്ങനെ വിശ്വസിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വിശ്വാസം അങ്ങ് ദൃഢമാകും ദൃഢമായി കഴിഞ്ഞാൽ ആ ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആദ്യം ബ്രഹ്മം ഉണ്ടെന്ന് വിശ്വസിക്കണം പിന്നെ താൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് വിശ്വാസവും ചിന്തയും വിശ്വാസവും ചിന്തി അവസാനം എന്തെയും വിശ്വാസം അങ്ങ് ദൃഢമാവും അപ്പം തോന്നും ഞാൻ ബ്രഹ്മമാണെന്ന് തോന്നുന്നു അതാണ് തത്വശ്രദ്ധ ആദ്യമേ ആവശ്യപ്പെടും നിങ്ങൾക്ക് ഇനി വിശ്വാസമില്ലെങ്കിലോ അതിന് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല വിശ്വാസം വന്നില്ലെങ്കിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ടേയിരിക്കും സംശയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ബ്രഹ്മമാണെന്നുള്ള ആ വിശ്വാസം ഉണ്ടാവത്തില്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മാത്രമല്ല നമ്മുടെ ആസ്തിക ദർശനങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് നിനക്ക് വിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കി അങ്ങോട്ട് തിരിഞ്ഞാ മതി വിശ്വാസമില്ലേ ആ വഴിക്ക് പോകണ്ട അഡ്വാൻസ് ആയിട്ട് എന്ത് വേണം വിശ്വാസം വിശ്വാസം ഉണ്ടെങ്കിൽ പോവാം ഈ ശ്രദ്ധ വിശ്വാസവും എന്താണെന്ന് എങ്ങനെ പറയാൻ അതിന്റെ അർത്ഥം അതാണ് ശ്രദ്ധ ഏ ശ്രദ്ധ വിശ്വാസം അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേ വിശ്വാസം പറയുന്നതേ അത് സ്വാമി പറഞ്ഞാൽ ഏത് വേരിഫൈ ചെയ്യാൻ പറ്റാ വെരിഫൈ ചെയ്യാൻ പറ്റാൻ പറ്റാതെ ഇരിക്കാം രണ്ടു തരത്തിലുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇത് ഇലക്ട്രോണും പ്രോട്ടോണും ആണെന്നുള്ള വെരിഫൈ ചെയ്യാം ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടോ അപ്പൊ അത് നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ് വിശ്വസിച്ചിട്ട് അതിനെ വെരിഫൈ ചെയ്യുന്നു അപ്പോ ഇപ്പോ ആകർഷണം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് പിന്നെ വലിയ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്ത സ്വർഗം അതെ അത് വിശ്വസിക്കും വരിക പറ്റത്തില്ല മനസിലായോ ഏശ്വാസം ആ രണ്ടും വിശ്വാസം ഇനിയും വേറെയുണ്ട് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് അപ്പൊ ഇത് ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് ആണെന്ന് എനിക്ക് അറിവുണ്ട് അല്ലേ ഇതറിയാം ഗ്ലാസ് ആണെന്ന് അറിയാമെങ്കിൽ പിന്നെ ഇത് ഗ്ലാസ് ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്താ എവിടെയാണോ എവിടെയാണോ നമുക്ക് അറിവുള്ളത് ശരിയറി എവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല അങ്ങനെയും പറയാം അപ്പോ നമുക്ക് ശരിയായ രീതിയിൽ അറിയാവുന്നിടത്ത് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് അങ്ങനെയും പറയാം അപ്പൊ വിശ്വാസത്തെ അങ്ങനെ പലതരത്തിൽ നമുക്ക് മനസിലാക്കാം അപ്പൊ വിശ്വാസ ശ്രദ്ധ വിശ്വാസം തന്നെയാണ് വിശ്വാസമാണ് ശ്രദ്ധ വിശ്വാസം എന്റെ അർത്ഥം അതാണ് പിന്നെ വേറെ അർത്ഥം ഉണ്ട് ഏകാഗ്രത ഏകാഗ്രത എന്നുള്ള അർത്ഥമുണ്ട് ശ്രദ്ധക്ക് പക്ഷെ പൊതുവെ പറഞ്ഞു വരുന്ന അർത്ഥം എന്താണോ വിശ്വാസം വിശ്വാസം അപ്പൊ അത് അവിടെയൊക്കെ വിശ്വാസമാണ് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അദ്വൈതമെന്ന് പറയുന്നതല്ല പിന്നെ ഇതിലൊരു വ്യത്യാസം വരുത്തുന്നത് യോഗികളാണ് യോഗികളെന്താ പറയുന്നത് പ്രകൃതി പുരുഷൻ പ്രകൃതി വേറെ പുരുഷൻ വേറെ നമ്മളറിയുന്നു അവസാനം സമാധി എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ ഇതിനെ സാക്ഷാത്കരിക്കുന്നു പുരുഷനെ അപ്പൊ അത് വിശ്വാസമല്ല അത് സാക്ഷാത്കാരം അറിവാണ് അവിടെ പിന്നെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല ആത്മാവ് താനാണെന്ന് അറിയാറു അവിടെ വിശ്വസിക്കുകയല്ല അതിന്റെ ആവശ്യമില്ല കാരണം അറിവില്ലാത്തടത്താണല്ലോ വിശ്വസിക്കുന്നത് അപ്പോളിപ്പോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമാണ് അത് പക്ഷെ ഒരു പ്രത്യേകതയോടെ എന്താണ് നമ്മുടെ ജാഗ്രതല്ല സമാധി എന്ന് പറയുന്നത് അപൂർവം ചിലർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ആ മാനസികാവസ്ഥയിൽ ഞാൻ ബ്രഹ്മമാണ് പുരുഷനാണ് എന്നറിയുന്നു അല്ലെങ്കിൽ ആത്മാവാണെന്ന് അറിയുന്നു എന്ന് പറയുന്ന അനുഭവം ആ അനുഭവത്തിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ പോരാ കാരണിപ്പോ നമ്മള് സ്വർഗമുണ്ടെന്ന് അറിയുന്നു ബൈബിളിൽ നിന്ന് അത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബൈബിള് വായിച്ചിട്ട് ഒരാൾ അറിയുന്നു എന്താണ് സ്വർഗമുണ്ട് അതെന്തുകൊണ്ട് ബൈബിൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പക്ഷേ അത് വിശ്വാസമാണ് സമാധിയെ കുറിച്ച് പറയുന്ന എന്താണ് ഒരു പ്രത്യാവസ്ഥ എനിക്ക് ഞാൻ ആത്മാവാണെന്നുള്ള അറിയുന്നത് അറിവുണ്ടായി ഒരാട് ക്ലെയിം ആണ് ക്ലെയിം ഓണിംഗപ്പ് അപ്പിംഗം ക്ലെയിം ചെയ്യ ക്ലെയിമിങ് ഓണിംഗ് ഓ ഡബ്ല്യു ഡബ്ല്യൂ അവകാശവാദം രണ്ടു അങ്ങനെ തന്നെ അതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യുക അപ്പോൾ ഞാൻ പിന്നെ ആത്മാവാണെന്ന് ഞാൻ സാക്ഷാത്കരിച്ചു എന്നൊരാള് പറയുകയാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലെയിമാണ് അയാൾ പറയുന്നു എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട് ഇത് അവിടെ തീർന്നു പിന്നെ അത് എന്താണ് വേറെ ഒക്കെ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ഇതെന്റെ ക്ലെയിമാണ് എന്റെ അനുഭവമാണ് എന്ന് പറയുന്നത് അതിൽ വരുന്നത് വരുന്ന പ്രശ്നം വെച്ചാൽ അത് വെരിഫയബിൾ അല്ല മനസിലായോ പിന്നെ അത് ഫാൾസിഫയബിൾ അല്ല ഞാനിപ്പോ പറയു ഏഹ് വേറൊരാൾക്ക് അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ ഇനി ഇയാള് പറയുന്നു എന്താണ് എനിക്ക് ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ നൂറോ സയൻസിലൊക്കെ പറയുന്നത് ചില കെമിക്കലിന്റെ അബ്നോർമാലിറ്റി കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നവർ പറയും കൃത്യമായും പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ബോധത്തിന് നമ്മുടെ ബോധം നമുക്കൊരു ബൌണ്ടറി നിശ്ചയിക്കുന്നുണ്ട് നമ്മുടെ ബോധം ആ ബൌണ്ടറിന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ബോഡിയാണ് ഈ ബോഡി വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് പുറത്ത് ഇത് വേറെ ഇത് പുറത്ത് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒരു ബൌണ്ടറിയാണ് ആ ബൌണ്ടറിന്ന് പറയുന്നത് ഈ ബോഡിയിലാണ് അതുകൊണ്ടാണ് എനിക്ക് പുറം ഞാൻ വേറെ നീ വേറെ ഞാൻ വേറെ എന്നൊക്കെ തോന്നും നമ്മുടെ ബ്രെയിനിലെ ഒരു കെമിക്കൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൌണ്ടറി ആ ഭാഗം വർക്ക് ചെയ്യത്തില്ല പിന്നെ എനിക്ക് സർവ്വം ഖലിതം ബ്രഹ്മ എന്നിവരും എല്ലാം ഈ വ്യത്യാസം നഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ എന്നാണ് ഇതിന ന്യൂറോ സയൻസിന് വ്യാഖ്യാനിക്കുന്നു മനസ്സിലായത് പക്ഷെ ഒരാൾ പറയുകയാണ് അതൊന്നുമല്ല അത് ശരിയല്ല ന്യൂറോ സയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ ശരിയല്ല ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല അതെ ക്ലെയിമാണ് ഞാൻ അങ്ങനെ അനുഭവിക്കുന്നത് പിന്നെ അത് ഫാൾസിഫൈ ചെയ്യാനും പറ്റില്ല എന്നാണ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തെളിയിക്കാനും മേറാക്കി പറ്റത്തില്ല കാരണം ഒരാൾ തന്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് അതായത് മാത്രമുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ശ്രദ്ധയുടെ ആവശ്യമുണ്ട് അതാണ് സ്വന്തം അനുഭവമായി കഴിഞ്ഞു അപ്പോൾ മറ്റുള്ളവർ ഇതിനെ വെരിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇത് കെമിക്കൽ ഇംബാലൻസാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്രെയിന് സംബന്ധമായിട്ട് ഉള്ള പ്രശ്നമാണെന്ന് അവര് പറയും പക്ഷെ ഈ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അത്തരം ഒരെണ്ണപ്പെട്ട ലക്ഷണവും അവർക്കാവശ്യം അവർ ചെയ്യുന്നത് എന്റെ അനുഭവമാണ് അതെ നമുക്ക് പറയാം ഈശുദ്ധി നമ്മൾ നല്ലവർ ഉറങ്ങിന്നുള്ള ഒരു അനുഭവം അതാരുന്നു ുംറിയാൻ പറ്റത്തില്ല അതൊക്കെ സബ്ജക്റ്റീവായി വരുന്ന ഒരു എക്സ്പീരിയൻസും മെഷറബിളല്ല ആർക്കും അറിയാനും പറ്റില്ല ഇപ്പൊ പല്ലുവേദന ഒന്നും വേറെ പറ്റില്ല എന്തുകൊണ്ടാണ് അത് മെഷറബിൾ എന്താ വേറെ ആർക്കറിയാൻ പറ്റത്തില്ല അത് ശെരിയാണ് അത് ഇതുമാത്ര ബ്രഹ്മജ്ഞാനം മാത്ര പല്ലേദന വന്നാലും വേറെ അറിയാൻ പറ്റില്ല അതെനിക്ക് മാത്രേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ എനിക്ക് വലിയ ആനന്ദം വന്നു എനിക്ക് ഭയങ്കര സന്തോഷം വേറെക്ക് അറിയാൻ പറ്റില്ല മറ്റൊരാളെ മുഖഭാവങ്ങളും ചേഷ്ടകളും ഒക്കെ വന്നിട്ട് ഊഹിക്കുകയാണ് എല്ലാവരും ഊഹിക്കാനേ പറ്റില്ല അതുപോലെ ഞാനിപ്പോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കയാണ് ചിരിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം ബ്രഹ്മജ്ഞാനം കൊണ്ട് ചിരിക്കണം പറയുക ബ്രഹ്മജ്ഞാനം കൊണ്ട് അപ്പൊ അത് മറ്റുള്ളവരുടെ ഊഹാപോഹങ്ങളാണ് അപ്പൊ ഒരു എക്സ്പീരിയൻസും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടിപ്പോ ഒരാള് പറയാണ് ഞാൻ സമാധിയില് ബ്രഹ്മത്തെ അറിയുന്നു പറഞ്ഞത് തന്നെ അത് വേറെ ആൾക്ക് തോന്നും ഇടപെടാൻ പറ്റില്ല അത് ഫാൾസിഫയബിളല്ല വെരി വെരിയ വെരി വെരിഫയബിൾ അല്ല മെഷറബിളല്ല മെഷറബിൾ മനസ്സിലാകെ എന്നുവെച്ചാൽ മെഷർമെന്റ് അവിടെ നടക്കത്തില്ല വെരിഫിക്കേഷൻ നടക്കത്തില്ല ഫാൾസിഫിക്കേഷൻ നടക്കത്തില്ല അതങ്ങനെയല്ല എന്നൊരാൾക്ക് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താണ് ഇത്ര സബ്ജക്റ്റീവ് എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്ന ഒന്നും അത് സയന്റിഫിക്ക് അല്ല ഇഷ്ടമായ കാര്യങ്ങളാണ് അപ്പം യോഗി അതാ പറയുന്നത് ഞാൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്നാ നമ്മുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചിലത് ശരിയായിരിക്കും ചിലത് തെറ്റായിരിക്കും ചില വിശ്വാസങ്ങളും ശരിയാണ് ഇപ്പോൾ പക്ഷേ ഇതിൽ സയൻസിൽ രണ്ട് കാഴ്ചപ്പാടാണുള്ളത് ഒന്ന് എന്താണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആധുനികമായ കാൾപോപ്പറിന്റെ തിയറിയാണ് കാൾ പോപ്പറ കേട്ടിട്ടുണ്ടാകും കാൾ പോപ്പറും ഇന്ന് ലോകത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു ഫിലോസഫറാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് ഫിലോസഫി ഓഫ് സയൻസ് സയൻസിന്റെ ഫിലോസഫി കൈകാര്യം പുള്ളി വരുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മാറ്റി എഴുതിയ ആളാണ് അപ്പോ സയൻസിൽ തന്നെ ഈ രണ്ട് കാഴ്ചപ്പാടായിരുന്നു നിലനിൽക്കുന്നു ഒരു കൂട്ടർ പറയുന്നത് എന്താണ് ഇപ്പോ ഇത് തന്നെ എടുക്ക ഒരു ഉദാഹരണം അവര് തന്നെ പറയുന്ന ഉദാഹരണം കൊടുക്കാം ഇപ്പൊ ലോഹങ്ങൾ ലോഹങ്ങളുണ്ടെന്ന് ഇതെല്ലാം ചൂടുപിടിച്ചാൽ വികസിക്കും ഇത് സയൻസ് അംഗീകരിച്ചിട്ടുള്ള ഒരു തിയറാണ് എല്ലാ ലോഹങ്ങളും ചൂടുപിടിച്ചാൽ അത് ഇത് എന്താണ് ഒബ്സർവബിൾ ആണ് വെരിഫ് ഇതാണ് വെരിഫയബിൾ രണ്ടും ആണ് അതുകൊണ്ട് ഇത് സയന്റിഫിക് എന്നാ പറയുന്നത് അപ്പോ ഇതൊരു ശാസ്ത്രീയമായ വസ്തുതയാണ് എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ എക്സ്പെരിമെന്റലി അത് പ്രൂവ് ചെയ്യാനും പറ്റും പ്രൂവ് ചെയ്യാൻ പറ്റും വെരിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് ഇങ്ങനെ പറയുന്നിടത്ത് ഒരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട് എന്താണോ ഇപ്പോ ഉള്ള ലോഹങ്ങളെയൊക്കെ നമുക്ക് എടുത്തു വച്ചിട്ട് ഈ പരീക്ഷണം നടത്താം പൂർവ്വകാലത്തുണ്ടായിരുന്ന ലോഹങ്ങൾ വെച്ച് പരീക്ഷണം നടത്താൻ പറ്റും അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഭാവി കാലത്തുള്ളതിനാ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ഈ ലോകത്തുള്ള എല്ലാ ലോകങ്ങളെയും എടുത്തു വെച്ച് നമുക്ക് പെരിഫ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഒബ്സർവബിൾ ആയിരിക്കണം പിന്നെ വെരിഫൈ ചെയ്യണം പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ കൈ കെട്ടിയ ഒന്നിനെ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടൊരു പൊതുവായ നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ബാക്കി ഒരിടത്തും ഇത് ആപ്ലിക്കബിളല്ല ഭൂതകാലത്തുള്ള ലോകങ്ങള് ഭാവിയിലെ ലോകങ്ങള് പിന്നെ ഇപ്പത്തന്നെ നമ്മുടെ കൈ കെട്ടാത്ത ലോകങ്ങൾ നിലന്നത് ശരിയായാലും അതുകൊണ്ട് സയന്റിഫിക്കുന്നതിനെ പറയാൻ പറ്റി പിന്നെ അതിനകത്ത് വേറെ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സമയമില്ല അതിന് ചുരുക്കി പറഞ്ഞ് അടുത്തൂടെ പറഞ്ഞു തരത്ത അതുകൊണ്ടാണ് കാൾപ്പർ പറയുന്നത് എന്താണോ സയൻസ് അങ്ങനെ തന്നെ ഒരു തീറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെപ്പോഴും അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഏതെങ്കിലും ഒരു തീറി എന്താണ് സത്യമാണെന്ന് പറയുന്നത് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടായിരിക്കരുത് വ്യക്തമായ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു തീയറി അത് സത്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിരന്തര സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കരുത് സത്യമല്ല ആ അത് സത്യം അല്ല സത്യം അല്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് സമർപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു തിയറി ശരിയാകുന്നത് എന്തുകൊണ്ട് എത്ര ആവർത്തിച്ചാലും അതിന അത് അതിനെ അതിജീവിക്കുന്നു അതാണ് പൂർവ്വപക്ഷം എന്ന് പറയുന്നത് പക്ഷെ ഇതല്ല അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് ായിട്ട് കാണേപക്ഷറയുന്നതും സിദ്ധാന്തം എന്ന് പറയുന്നതും ഈ പ്രശ്നം വരുന്ന എങ്കിലും അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഒരു ശാസ്ത്രം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഒരു തിയറി ശ്രമിക്കണമെങ്കിൽ നമ്മളെപ്പോഴും അത് സത്യമല്ലാന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം ശ്രമിക്കുമ്പോഴും അത് തെളിയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇത് സത്യം തന്നെയെന്നല്ല എന്ന് ധരിക്കരുത് കാരണം നാളെ എന്തെങ്കിലും ഇത് തെളിയിച്ചാലോ ഇപ്പൊ ഇത് സത്യം എന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് ഒരു തിയറിയും സയൻസിലെ ആത്യന്തികമായ സത്യം അല്ല ഒരു തിയറിയും ആത്യന്തിക സത്യം എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇത് സത്യമാണെന്നേ പറയാൻ പറ്റൂ ഇപ്പൊ ഇത് സത്യം തൽക്കാലമായ സത്യം ഈ സിദ്ധാന്തം പൂർവം പറയുന്നിടത്ത് അങ്ങനെയല്ല അപ്പോ ഓരോരുത്തരും പറയുന്ന എന്താണ് ഞങ്ങളീ പറയുന്ന ആത്യന്തിക സത്യം എന്നാണ് അപ്പൊ ഞങ്ങൾ പറയുന്ന ആത്യന്തിക സത്യം ഒരു ആശയത്തെ ഉറച്ചു നിന്നുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നു അതുകൊണ്ടന്നെ അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന എന്താണ് ആദ്യം തന്നെ തീരുമാനിക്കുന്നു ഈ തിയറി ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ ആകർഷണ സിദ്ധാന്തം ആകർഷണ സിദ്ധാന്തം ആത്യന്തികമായ ഒരു സത്യമാണല്ല പിന്നെ താത്കാലികമായൊരു സത്യമാണ് ആണ് എന്തുകൊണ്ട് ഇത് സത്യമെന്താന്ന് ശ്രമിക്കാൻ തെളിയിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിപ്പോ കഴിയത്തില്ല അതുകൊണ്ട് അത് ഫാൾസി ഫയബിളാണ് എന്നുവെച്ചാൽ അതിൽ ഒരു അസത്യവത്കരണക്ഷമതയുണ്ട് അസത്യമൊന്നും നമുക്ക് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ മാത്രമേ അത് സയൻസിലെ ഒരു തിയറിയായി അംഗീകരിക്കാൻ പറ്റൂ അങ്ങനെ ഇപ്പൊ ദൈവം ഉദാഹരണമായിട്ട് എടുക്കുക ദൈവം ദൈവം എന്ന് പറയുന്ന അസത്യമാണെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല പറ്റുമോ ഒരിക്കാനും പറ്റത്തില്ല എന്നിട്ടത് അസത്യവത്കരണക്ഷമതയില്ല അതുകൊണ്ടൊരു സയന്റിഫിക് തിയറി അല്ല അത് അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് പറയാൻ എന്താണ് അത് നിത്യസത്യമാണ് കാരണം അത് അസത്യമാണെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നൊന്നും കൺസെപ്റ്റ്വൽ എന്ന് പറയാം അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് പറയാം മനസിലായ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ് ഒരു കൺസെപ്റ്റുവൽ ഐഡിയാണ് എന്നൊക്കെ പറയാം എന്നുവെച്ചാൽ അതിനാർക്കും തെളിയിക്കാൻ പറ്റില്ല അതില്ല പക്ഷെ സയൻസിന്റെ തിയറി എങ്ങനെയല്ല അത് സത്യമാണെന്നറിയാൻ സത്യം എപ്പോഴും ശ്രമിക്കുക ശ്രമിക്കുക അത്യേകില്ല എന്നേ പറയാൻ അതുകൊണ്ട് എന്നേ പറയാൻ എന്നുവെച്ചാ ഇപ്പൊ അനുസരിച്ച് ഒരു തിയറി കൊണ്ടുവന്നു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇത് അസത്യമാണെന്ന് ശ്രമിക്കുക അന്നും ഇന്ന് ശ്രമിച്ചു അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടേ ഇത് അസത്യമാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി പക്ഷെ ഇപ്പോഴും അത് അതിജീവിച്ച് നിൽക്കുന്നു അതിജീവിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്താണ് അതൊരു സയന്റിഫിക് റിയാലിറ്റിയാണ് പക്ഷെ അൾട്ടിമേറ്റ് റിയാലിറ്റി അങ്ങനെയല്ല അപ്പൊ സയൻസിലങ്ങനെ അൾട്ടിമേറ്റ് റിയാലിറ്റി അൾട്ടിമേറ്റ് ട്രൂത്ത് അങ്ങനെയൊന്നുമില്ല പക്ഷെ ദൈവം അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് ദൈവം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് നിങ്ങളുടെ ബ്രഹ്മം അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് ഇതൊക്കെ അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് എന്തുകൊണ്ട് എന്തുകൊണ്ടത് അങ്ങനെ ആയിരുന്നു അതിന് പാർട്ടിസിപ്പേബിലിറ്റി ഇല്ല അസത്യവത്കരണക്ഷമത അതിനകത്തില്ല ഏത് അല്ല അതിന്റെ അസത്യവത്കരണക്ഷമതയില്ലെന്ന് അസത്യം ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല ദൈവത്തെ ദൈവമില്ലാത്ത ആണെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല ഉണ്ടെന്ന് തെളിയിക്കാനും പറ്റത്തില്ല ഇതാണ് ഇന്നത്തെ സയന്റിഫിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചത് അപ്പൊ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം ഉണ്ട് ചുരുക്കുക ഒരു സൈഡ് അബ്സ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്റെ സമ്മറി അബ്സരൂട്ട് അബ്സരൂട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രഹ്മം ഇതല്ല അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് പറഞ്ഞാൽ കേൾ ആശയപരമായി നിൽക്കുക അത് തന്നെയാണ് വെരിഇൻട്രസ്റ്റിംഗ് ആനന്ദ മനസ്സ് ആശയത്തിന്റെ യോഗശാസ്ത്രത്തിൽ പറയുന്നതാണ് മനസ്സിന് ആശയം എന്നുള്ള മനസ്സാണ് യോഗശാസ്ത്രത്തില് മനസ്സെന്ന് പറയുന്നതിനുപയോഗിച്ചിട്ടുള്ള വാക്കാണ് ആശയം ഐഡിയ എന്നുള്ള അർത്ഥത്തിലല്ല യോഗശാസ്ത്രം പഠിക്കണം അതിനകത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആശയം എന്നുവെച്ചാ മനസ്സ് ഗതിന്റെ അപ്പുറം മനസ്സിന്റെ അപ്പുറം ഗതി എന്നുവഞ്ഞ ഗതിയെ പെറുന്ന് ഗതിയെ നൽകുന്നതായ മനസ്സിന് ഗതിയെ കൊടുക്കുന്നതായ അത് നാദഭൂമിയാണ് മനസ്സ് പിന്തുടരുന്നത് നാദം എന്ന് പറയുന്ന പഴയ നാദാനുസന്ധാനം എന്ന് പറയുന്ന ഒരു യോഗാഭ്യാസം അപ്പം മനസ്സ് നാദത്തെ പിന്തുടരുന്നു എന്നുള്ളത് യോഗത്തിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ കൈവച്ച് അതെ അതെ പ്രസ് ചെയ്ത അതിനെയാണ് പിന്തുടരുന്ന മനസ്സ് അതെ അതെ ചെറുപ്പം മരിക്കാറുണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ട് ഉണ്ടാവില്ല ഏഹ് എങ്ങനെ നമുക്കത് മരിക്കാൻ തുടങ്ങുമ്പോൾ മരിക്കാറായിട്ടുണ്ടെങ്കിൽ പിന്നെ നാദ സൗണ്ട് ഉണ്ടാവില്ല മരിക്കാറാവുമ്പോ നമുക്ക് ആദ്യം ബോധം നഷ്ടപ്പെടുന്നുണ്ടോ അതായത് ആട്ടെ ഈ മരിക്കാറാവുന്ന സമയത്തെ നമ്മുടെ ഓരോ കോശങ്ങളും നമ്മുടെ കോശങ്ങളുടെ ജോലി എന്താണ് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഊർജോത്പാദനമാണ് ഊർജോത്പാദനം മരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിന്റെ ഊർജോത്പാദനം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും ഊർജ്ജോത്പാദനം കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റും എല്ലാം മന്ദഗതിയില്ല അപ്പൊ കാണുക കേൾക്കുക ഇത് ഒരു ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഒന്ന് നമ്മൾ കാണാത്തല്ല കേൾക്കത്തു എന്നിട്ട് ഈ കോശങ്ങൾ പൂർണമായും ആ നിർത്തും ഒരു ക്ലോക്ക് ചത്തതുപോലെയോ ഒരു മൊബൈല് വർക്ക് ചെയ്യാത്ത പോലെ ആയി പോവും മരിക്കും എന്നിട്ട് തിരുമന്തിരത്തിൽ മാറ്റി പിണമെന്ന് പേരി ഒഴുക്കി ഓർമ്മയും മറന്നിട്ടേ അങ്ങനൊരു മ് mm.